ഐഹിക ജീവിതത്തിന്റെ ഉദാഹരണം ആകാശത്തുനിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാണ് മനുഷ്യരും കന്നുകാലികളും ഭക്ഷിക്കുന്ന ഭൂമിയിലെ സസ്യങ്ങൾ അതിലൂടെ വളരുന്നു അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരങ്ങൾ ധരിക്കുകയും സുന്ദരമാവുകയും അതിലെ ജനങ്ങൾ തങ്ങൾ അതിന്മേൽ അധികാരം സ്ഥാപിച്ചുവെന്ന് കരുതുകയും ചെയ്യുമ്പോൾ രാത്രിയിലോ പകലോ നമ്മുടെ കൽപ്പന വന്നെത്തുന്നു അങ്ങനെ ഇന്നലെ അവിടെ ഒന്നുമുണ്ടായിരുന്നില്ല എന്ന പോലെ നാം അതിനെ കൊയ്തെടുത്ത